അള്ളാഹു സുബഹാനുഭൂവറ്റ ആല എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവരിൽ ചിലർ വയറുമേൽ എഴയുന്നവരാണ് ചിലർ രണ്ട് കാലുകളിൽ നടക്കുന്നവരാണ് ചിലർ നാല് കാലുകളിൽ നടക്കുന്നവരാണ് അള്ളാഹു സുബഹാനുഹൂവറ്റ ആല താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനുഹൂവറ്റ ആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു